വ്യാമോളാവുന്ധനവതീ തേജോന്മയീം നൈഷ്ടീം വാംഗവിലോകി ഭഗവതീ മന്ദസ്നിതശ്രീമുഖീം വാത്സല്യമൃതവർഷിണ ൈഭവോ യഞ്ചാനനന പാഞ്ചജന്യവുഷ വ്യതിഷ്ടവിശ്വാത്മക പ്രഹ്ലാദി തണമുഷ്ട്രമാണം ഹരി സോവ്യാദ്ശരദിന്ദുസുന്ദര സിഹാദ്രിജൂടാമണി ജ്യോതിർദക്ഷിണാമൂർത്തിവ്യാധങ്കരശ്തിമാഖ്യം തദ്ദേ സോദരിതം പ്രതിപത്തിന്ധ്വംസ പ്രഗൽഭ ആചാര methylóps ڈ SaaS animals produce sharing ੃ੀ et੸ ੃ੇੱ �halt ੀ ੩ r ੀ rê ੊ੇ�들이 ੴ ੅ Hinter ੁ� tö ੋੀੀ ੨ ੂੁੱੇ ੨ੇ ੨ ੂ੣ੇੂ�੏ੇੇ੅੅ੇੈੇ�ੇ੕ੇ�ੇ�ੇੇ��ੇ ੃âl Через gold അംഗീകരിച്ചുകൊണ്ട് തന്നെ തമസെങ്ങനെയുണ്ടായി പറഞ്ഞു അത് മായാസഹിതമായ ബ്രഹ്മത്തിൽ നിന്ന് യുഗപത് ഉണ്ടായി അതിനു മുമ്പ് എന്ന് പറഞ്ഞു തമസ് തമപരമാണുവിൽ നിന്നുണ്ടായി തമപരമാണുവിൽ നിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ദ്രവ്യാരംഭക പരമാണുക്കൾ നാലേയുള്ളു പിന്നെ ഒരു പരമാണുളളത് മനസ്സാണ് മനസ്സിൽ നിന്ന് കാര്യദ്രവ്യം ഉണ്ടാകത്തില്ല അപ്പൊ പിന്നെ നിങ്ങൾ വേറെ ഒരു സ്വീകരിച്ച് അത് മനപരമാണുവിനെ അതുപോലെ ഒരു പരമാണുവിനെ സ്വീകരിച്ച് അതിൽ നിന്ന് ദ്രവ്യം ആരംഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദൃഷ്ടാന്തമില്ല ആകെ തമ്മ പരമാണു ഒന്നേ ഉള്ളൂ അതിലൊന്നും ഉണ്ടാവും പരമാണു തണുഖം തൃണുകം ഈ ക്രമത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ആരംഭവാദം എന്നുവെച്ചാൽ കാര്യം ഉത്പന്നമാകുന്നതിന് മുമ്പ് അതിന്റെ പ്രാഗഭാവം ഉണ്ടെന്ന് അംഗീകരിക്കുന്നു ആരംഭവാദം ഏത് ദ്രവ്യം ഉണ്ടാകുന്നതിനു മുമ്പ് എന്തുവരും ദ്രവ്യമോ ഗുണമേതാനോ ഉത്പത്യഹപൂർവം കാര്യം അതാണ് ആരംഭവാദം സത്കാരിവാദം എന്ന് പറയുമ്പം കാര്യം ഉത്തന്നമാകുന്നതിന് മുമ്പ് തന്നെയുണ്ട് കാരണത്തിൽ കാരണരൂപ സത്കാരിവാദം ഇപ്പോൾ താർക്കികന്മാർ സ്വീകരിക്കുന്ന ആരംഭവാദമാണ് ആരംഭവാദമനുസരിച്ച് സ്വീകരിച്ചപ്പോൾ ഈ പരമാണുവിൻ്റെ ഒരു പ്രശ്നം വന്ന് നാല് ദ്രവ്യാരംഭകമായ നാല് ഭൂതങ്ങളിൽ നിന്ന് അന്യമായൊരു പരമാണുവിനെ സ്വീകരിക്കണം എന്ന അതിൽ നിന്ന് സ്പർശരഹിതമായ അതിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകുന്നു എന്ന് സ്വീകരിക്കണം ഇതൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ആണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മായാവസഹിതമായ ബ്രഹ്മത്തിൽ നിന്നും തമസുണ്ടാകും ഞങ്ങളുടെ സിദ്ധാന്തം അതാണ് മറ്റതിന് സമാനം പറഞ്ഞിട്ടാ പറയും നിങ്ങൾ പറഞ്ഞ എന്താണ് മനസ്സെന്ന് പറയുന്ന പരമാണ് സ്പർശമില്ലാത്തത് കൊണ്ട് അതിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകാത്ത ഞങ്ങൾക്ക് അതും പ്രശ്നമാണ് മനസ്സ് സാവയവമാണ് ദ്രവ്യം അംഗീകരിച്ച അതുപോലെ അപ്പം നാല് ദ്രവ്യങ്ങളല്ല മനസ്സിൽ നിന്നും ഉണ്ടാകാം തമസിന്റെ പരമാണുക്കളിൽ നിന്നും ഉണ്ടാകാം വീണ്ടും ആരംഭവാദത്തിലേക്ക് വരികയാണ് ആരംഭവാദമനുസരിച്ചും ഞങ്ങൾക്ക് സമർത്ഥിക്കാം എന്നാണ് പറയുന്ന അടുത്ത് എന്നുവെച്ചാൽ മനോ മനസ്സോ അനാരംഭകത്വം മനസ്സിൽ നിന്നും കാര്യദ്രവ്യം ഉണ്ടാകില്ല അത് ശരിയല്ല തസ്യാബി സാവ്യത്വേനോ മനസ്സ് സാവയവമാണ് മനസ്സെന്നു പറഞ്ഞക്കരണ പ്രാണ് പ്രണാമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സാവയ താർക്കികന്മാർ സാവയവമായി സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് അതണുവാണോ തസ്യാബി സാവയവ്രവ്യത്വേന പരിണാമിത്വ അഭ്യുമാരണാമതിനും സംഭവിക്കുന്നു മനസ്സിൽ നിന്നും ഉണ്ടാകുന്നത് പോലെ എന്താണ് സ്പർശമില്ലാത്ത മനസ്സിൽ നിന്നുണ്ടാകുന്നത് പോലെ ഞങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് തമസ് പരമാണുക്കളിൽ നിന്നും ഉണ്ടാകാം അതുമാത്രമല്ല നിങ്ങൾ പറയുന്നത് എന്താണ് സ്പർശരഹിതമായ ഒന്നും നിന്ന് ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ആത്മനസ്റ്റ സ്പർശരഹിത സർവ്വ ജഗത്ത് ഉപാദാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജഗത്തിന് മുഴുവൻ ഉപാദാനമായിരിക്കുന്ന എന്താണ് ആത്മാവ് അതിന് സ്പർശമില്ലല്ലോ അതിൽ നിന്ന് ജഗത്ത് മുഴുവൻ ഉണ്ടാകാമെങ്കിൽ സ്പർശമില്ലാത്ത തമ പരമാണുവിൽ നിന്നും കുറച്ച് ഇരട്ട അവിടെ ഇവിടെ നമുക്ക് പരാതി എന്നാണ് ചോദിക്കുന്നത് ആത്മനിഷ്ഠ ും സ്പർശരഹിത സർവജഗത് ഉപാദാന കാരണത്വ അഭിമാനം കേവല ഇരട്ടനെന്നുള്ളതല്ല സർവജഗത്തിനുപാദനമായിരിക്കുന്നത് സ്പർശരഹിതമായ ആത്മാവാണ് സ്പർശരഹിതമായ തമ പരമാണുക്കളിൽ നിന്നും ഉണ്ടാകാമെന്നുള്ള പക്ഷവും ഇനി ഞങ്ങളുടെ പക്ഷമനുസരിച്ച് ചിന്തിച്ചാൽ ശരിയാകും അതുകൊണ്ട് തമസ് ഒരു ഭാവദ്രവ്യമാണ് പ്രകാശത്തിന്റെ അഭാവം അല്ല അന്ധകരണമെന്ന് പറയുന്നാണ് മനസ്സ് അന്ധകരണമെന്ന് പറയുന്നത് എന്താണോ ത്രിഗുണ പരിണാമമാണ് അപ്പൊ അതിലവയവങ്ങളുണ്ട് ഏത് പരിണമിക്കുന്നോ അതിലവയവദ്വൈത മതം അനുസരിച്ച് അപ്പൊ ത്രികുണങ്ങളാണോ അവയവങ്ങൾ അവയവങ്ങൾ അവയവങ്ങളെന്ന് പറയുന്നത് ഏതൊരു വസ്തുവിന്റെയും അവയവങ്ങളെന്ന് പറയുന്നത് എന്താ അതിനകം മുറിച്ചു നോക്കിയാൽ കാണുന്ന അവയവം ഏത് വസ്തുവിനെയും പൊട്ടിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ് മനസ്സിനെ പൊട്ടിച്ചു നോക്കുക അപ്പൊ കാണാം അത് പരിണമിച്ചുണ്ടാവുന്നതല്ലേ പഞ്ചഭൂതങ്ങളെന്നാണ് പഞ്ചഭൂതപരിണാമല്ലേ അതിൽ എന്താ വലിയ അതിശയം അവയവങ്ങളെന്ന് വെച്ചാൽ എങ്ങനെ ചൂണ്ടിക്കാണിക്കണം തൊട്ടുകാണിക്കണം എങ്ങനെയാ ഏതെന്ന് ചോദിച്ചാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വസ്തുവിന്റെ അവയവം എന്ന് പറയുന്നത് അതിനത് അത് അത് പരിണാമത്തിൽ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നോ അവിടെ വെച്ച് അതിനെ ഛേദിച്ച് കഴിഞ്ഞാൽ അതെന്താണോ അതായിരിക്കും അതിന്റെ അവയവങ്ങളെന്ന് പറയുന്നത് ആ അവയവിയെ ഒരവയവിയെടുത്തു നോക്കുക അതിനെ ഛേദിക്കുക രണ്ടായി ഛേദിച്ച രണ്ടവയവും നാലായ നാലാവും പത്താക്കിയ പത്തവയവും തർക്കീരി മനസ്സൊന്നു വരുന്ന പരമാണോ തർക്കം പഠിച്ചില്ലേ അവയവീൻ്റെ ഈ രീതി പറഞ്ഞാൽ അവർ അറിയുന്ന കൂടെ സിദ്ധാന്തത്തെ ഞങ്ങൾ അംഗീകരിക്കുന്ന അവരുടെ അപ്തമല്ല മനസ്സെന്ന് പറയുന്നത് ശരീരവ്യാപിയാണ് ശരീരത്തിലെ സൂക്ഷ്മമായ നാടികളിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്തുവേണം അണുവാണു സഞ്ചരിക്കാൻ പറ്റും അപ്പൊ പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ രണ്ടു എങ്ങനെയാണ് അതൊക്കെ അവർ പറയുമല്ലോ അതൊക്കെ അവർക്ക് അവരുടെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് എല്ലാത്തിനും അവർക്ക് മറുപടി ഉണ്ട് ഒരു സമയം രണ്ട് ഞാൻ ഉണ്ടാകില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു സമയം രണ്ടും ഞാനുണ്ടാകത്തില്ല പിന്നെ വേഗത്തിലുണ്ടാവും അത് എന്തുവരുന്നോ പണുവിന് വേഗം കൂടുതലാണ് അതുകൊണ്ടാണ് വേഗത്തിൽ സഞ്ചരിച്ച് അപ്പോ നേരത്തെ പറഞ്ഞതിന് എന്താണ് തമോ ദ്രവ്യം രൂപ നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ് തമസ് ദ്രവ്യമാണ് രൂപമുള്ളത് കൊണ്ട് കാണുന്നുണ്ടല്ലേ പറയുന്നത് ദ്രവ്യമാണ് അതാണ് ആദ്യം പാട്ടിനും പാടി എന്താണ് തമാല ശ്യാമള ശമള നിർബാധ അവിടേം പറയുന്ന എന്താണ് രൂപമുള്ളത് കൊണ്ടാണ് തമസ് ദ്രവ്യമാകുന്നത് പ്രത്യക്ഷമായി കാണുന്നതുകൊണ്ടാണ് അതെ സാങ്കേതികമായിട്ട് രൂപമുള്ളത് ദ്രവ്യം എന്നുള്ള രീതിയിൽ അപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പോലെ ഒരു കട്ടിയുള്ള സാധനം അങ്ങനെയൊന്നുമല്ല രൂപമുള്ള ഏതാണോ അത് ദ്രവ്യം രൂപവത്വം ദ്രവ്യസാമാന്യ ലക്ഷണം അത് വെച്ച് പറയുകയാണ് അത് കളിച്ചുകൊണ്ട് നശിച്ചാലും കൊള്ള ബ്രഹ്മം അതിനെ സൃഷ്ടിച്ചാലും കൊള്ളാം അത് ാണോ ദ്രവ്യമാണോ ആദ്യം ഒരു ലക്ഷണം പറയുക എന്നിട്ട് ആ ലക്ഷണത്തിൽ പെട്ടതിനേക്ക് ആ കാറ്റഗറി ഉൾപ്പെടുത്തും രൂപകത്വം എന്ന് പറയുന്ന ഒരു ലക്ഷണം പറഞ്ഞു രൂപകത്വമായ ഉള്ളത് ദ്രവ്യം എന്ന് പൊതുവെ പറയുന്നില്ല പൃഥ്വി അപ്പ് തേജസ് മൂന്നെണ്ണത്തിന് ബാക്കി വായു ആകാശം കാലം ദീക്ക് അതിന് രൂപത്വം പറയത്തില്ല സാമാന്യം എന്ന് പറയുക ഈ മൂന്നെണ്ണത്തിനും പറയുന്നു സാമാന്യം പറയുന്നു ഇനി കർമ്മത്വാ തമഹദ്രവ്യം കർമ്മത്വ അടുത്ത തമസദ്രവ്യമാണ് കർമ്മ ഉള്ളത് കൊണ്ട് അതിന് ക്രിയ ചലനുള്ളത് കൊണ്ട് ക്രിയയും ദ്രവ്യത്തിന്റെ ും കാരണമായിട്ടാണ് സാവയവമായ ദ്രവ്യമായത് കൊണ്ട് പരിണാമിയാണ് പ്രകൃതി ആധിക്യ ഉപസംഖ്യാനം തൃതിയ ദ്രവ്യത്വേന പരിണാമിത്വം എന്ന് വെച്ചാൽ ദ്രവ്യത്വ രൂപത്തിൽ അത് പരിണാമിയാണ് ദ്രവ്യമായി പരിണാമിയാണ് ദ്രവ്യം പരിണാമിക്കും ും പ്രകൃതി ആയത് കൊണ്ട് അതിൽ അത് കഴിഞ്ഞല്ലോ വാദം കഴിഞ്ഞല്ലോ ഇതുവരെ പിന്നെ എന്താ നടന്നുകൊണ്ടിരുന്ന ഇത്രയും ദിവസം എന്ത് പണിയായിരുന്നു അംഗീകരിപ്പിക്കുകയും സ്വന്തം സിദ്ധാന്തം പറയണ്ടേത് വേറെ വിഷയമാകും പിന്നെ ഇപ്പൊ തമസിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ ഖണ്ണിച്ച് സമർത്ഥിച്ചു സ്വന്ത സിദ്ധാന്തം പറയുന്നു സ്വന്ത സിദ്ധാന്തം പറയുമ്പം പിന്നെ അത് വിഷയം ഏറെ ആയില്ലേ അതിനവർക്ക് വേണ്ടി അഭിപ്രായം പറയാം അത് അല്ലെന്ന് പറയാം അങ്ങനവർ പറയും അപ്പോൾ അത്വൈത് പറയും ശ്രുതി പ്രമാണം ഞങ്ങളെ ശ്രുതി പറയും ധ്രീ ഹ്രീ ഹ്രീ ഏത സർവ മന ഏവ പറഞ്ഞിരിക്കുന്നു ഞങ്ങള് സിദ്ധാന്തം ശ്രുതി ഞങ്ങള് പ്രമാണമായി സ്വീകരിക്കുന്നു അപ്പോ തർക്കം എന്തു ആ ശ്രുതി പറയുന്ന അർത്ഥമല്ല അപ്പൊ അദ്ദേഹം എന്ത് പറയും നിങ്ങളെ വ്യാകരണം തെറ്റ് അപ്പോ തർക്കം എന്ത് പറയും നിങ്ങളുടെ വ്യാകരണത്തിന്റെ വ്യാഖ്യാനം ശരിയല്ല ഞങ്ങളുടെ വ്യാകരണത്തിന്റെ വ്യാഖ്യാനമാണ് ശരി പിന്നെ ആ പിന്നെ തമസിനെ കുറിച്ചുള്ള ചർച്ച എവിടേക്ക് പോവും ആരുടെ വ്യാകരണമാണ് ശരിയെന്നുള്ള ചലത്വാ ആലോകവ തമസോദ്രവ്യാന്തരം മോ ദ്രവ്യം ചലത്വാ എന്ന് വെച്ച ചലനവത്വാ ക്രിയാപത്വാ ആലോകത്ത് ആലോകത്തിലുണ്ടല്ലോ പ്രകാശത്തിൽ ക്രിയുണ്ടല്ലോ അഭിപ്രായത്തെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പം പ്രകാശം ഇങ്ങനെ ചലിച്ചലിച്ച് വരെ നമുക്ക് കാണാൻ അല്ലാതെ തന്നെ ഇപ്പം ദീപത്തിൽ നോക്കിയിരുന്ന കാണാമല്ലോ ചലിക്കുന്നു ചലത്വാച്ഛ ആലോകവും തമവും ദ്രവ്യാന്ന് തമഹ ദ്രവ്യവും ചല ക്രിയാവത്വ ആലോകത്ത് നിഷ്ടാന്തം എന്താണ് ആലോകം സാധ്യ എവിടെയുണ്ട് നിഷ്ടാന്തത്തില് സാധ്യമെന്താ റി ഹേതു എന്താണ് ചലനവത്വം ഉണ്ട് നിഷ്ടാന്തത്തിലുണ്ട് അപ്പൊ ഉടനെ സ്വാഭാവികം ചലനമസ്യ ഘടരൂപാധിപതിരിച്ചേ പറയുന്നു തമസൽ ചലനമില്ല താർക്ക്യം പറയുന്നു എന്തുകൊണ്ട് തമസില ചലനം എന്ന് പറയുന്നത് അന്യ ചലനത്തെ അനുവിധാനം ചെയ്യുന്നതാണ് ഏതുപോലെ ഒരു രൂപം പോലെ അനുവിധാനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനികൾ മനസ്സിലാവും ഒരു പമ്പരം കറക്കുന്നു പമ്പരം കറക്കുമ്പോൾ നമ്മൾ എന്താ വേണുന്നത് പമ്പരത്തിലെ രൂപങ്ങൾ വർണ്ണം കറങ്ങുന്നതായിട്ടാ വേണം ആ വർണ്ണം നിറവെന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ ഗുണമാണ് ഗുണത്തിൽ ക്രിയയില്ല ദ്രവ്യത്തിൽ ക്രിയു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു ആദാ ചുവപ്പ് കറങ്ങുന്നു നീല കറങ്ങുന്നു പച്ച കറങ്ങുന്നു പറയും അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ആ ദ്രവ്യത്തിന്റെ ചലനത്തെ അനുവിധാനം ചെയ്യുന്നു അതിനെ പിന്തുടരുന്നു അതിനെ തുടർന്ന് ചലിക്കുന്നു ചലനമില്ല അതിനെ പിന്തുടരുന്നുവെച്ച അതിനെ കണ്ടിട്ട് പറയുന്നു എന്താണ് അതിനുള്ള രൂപം ചലിക്കുന്നു ഇത്രയേളൂ അത് ദ്രവ്യത്തിൽ ആ ഗുണ ഇരിക്കുന്നു എന്നേ ഉള്ളൂ ദ്രവ്യത്തിനൊപ്പം അത് ചലിക്കുന്നില്ല അതാണ് അനുവിധാനം ദ്രവ്യത്തിലൊപ്പം ഗുണം ഗുണം ചലിക്കുന്നില്ല പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നു അതാണ് അനുവിധാനം ഗുണത്തിന് ചലനു പറയുന്നത് സിദ്ധാന്തമനുസരിച്ച് എന്തുകൊണ്ട് ഗുണത്തിൽ ക്രിയ ഇല്ല ദ്രവ്യം ചലിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദ്രവ്യത്തിനൊക്കെ അറിയാം ഉള്ള അപ്പോ അതാണ് അനുവിധാനം എന്ന് പറഞ്ഞു ഇവിടെ ദ്രവ്യം ചലിക്കുന്നതുകൊണ്ട് ഗുണവും ചലിക്കുന്നതായി അനുഭവപ്പെടുക പിന്തുടരുക എന്നർത്ഥം പിന്തുടർന്നൊരനുഭവം എന്നാ ചലിക്കുന്നുമില്ല പിന്തുടർന്നു വെച്ചാൽ ദ്രവ്യവും ചലിക്കുമ്പോ രൂപവും ചലിക്കുന്നു എന്നർത്ഥമില്ല ചലിക്കുന്നില്ല പക്ഷെ അങ്ങനെ അനുഭവം ഉണ്ട് ചലനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് ചല ചിത്രം ഉണ്ടായത് അല്ലേ നിശ്ചലമായ ദൃശ്യങ്ങളെ വേഗത്തിൽ ചലിപ്പിച്ചപ്പോ തോന്നി അത് ചലിക്കുന്ന നിയമം കാണുന്നതുകൊണ്ടിവിടെ ഗുണങ്ങളിൽ നസ്വാഭാവികം ചലന മസ്യ ഇരുട്ടിന് സ്വാഭാവികമായ ചലനം ഇല്ല ഘടരൂപാധികൾ ഘടരൂപാധികളെപ്പോലെ ഇരിച്ച് അത് ശരിയത് ചുരുക്കിപെട ചലനം ആപേക്ഷികമാണ് സിദ്ധാന്തമല്ലോ ചലനം ആപേക്ഷിക്കണ്ടെന്ന് വരും അപ്പൊ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ നിശ്ചലമായിട്ടിരിക്കണെങ്കിൽ ഈ സിദ്ധാന്തം അനുസരിച്ച് അയാൾ ചലിക്കുന്നില്ലേ പറയേണ്ടത് അല്ല അത് ആപേക്ഷിക്കണോന്നില്ല ആ നിശ്ചലമാണെന്നില്ല നിശ്ചലമാണെങ്കിൽ നിശ്ചലമാണെങ്കിൽ ചലിക്കാം ആപേക്ഷികമായിട്ട് ബസ്സിന്റെ കൂടെ ആയാലും ചലിച്ചു എന്ന് പറയാം പക്ഷെ ബസ്സിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചലിച്ചിട്ടില്ല ബസ്സിൽ രണ്ടുപേരിക്ക് ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ്സിൽ മറ്റാൾ ഇരിക്കുകയാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പറയും മറ്റേ ആൾ നിശ്ചലനാണെന്ന് പറയും പക്ഷെ ബസിന് പുറത്തുള്ള ഒരാൾ പറയും രണ്ടുപേരും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണോ ചലനം ആപേക്ഷികമാണെന്ന് പറയുന്നത് സയൻസിൽ ആ സിദ്ധാന്തമാണോ ഇതെന്ന് ചോദിച്ചത് ഇവിടെ പറയുന്നത് അവിടെ എന്ന് വെച്ചാൽ രണ്ടും ദ്രവ്യവുമല്ലേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദ്രവ്യവും ഗുണവുമാണ് ഒന്നിനും ചലനമേല അത് ചലിക്കുന്നതിനുള്ള യാതൊരു സാധ്യതയുണ്ട് ചലിക്കാനേ കഴിയത്തില്ല പക്ഷെ മറ്റൊന്ന് ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നു ബസ്സിലിരിക്കുന്ന ശരിക്കും ചലനം സംഭവിക്കുകയാണല്ലോ ആണെങ്കിലും ചലനം സംഭവിക്കുകയാണല്ലോ അയാൾക്ക് അനുഭവപ്പെടുന്ന രീതിയിലല്ലേ ഉള്ളു ചലനം അവിടെ ഉണ്ട് കാരണം ബസ്സിലിരിക്കുമ്പോൾ അയാളും ബസ്സിന്റെ ഭാഗമാണ് ബസ് ചലിക്കുന്ന പറയാണെങ്കിൽ ആരും ചലിക്കുന്നു പക്ഷെ അയാൾക്ക് സ്വയം ആ ചലനം അനുഭവപ്പെടുന്നില്ല ഭൂമി കറങ്ങുമ്പോൾ നമുക്ക് കറക്കാൻ അനുഭവപ്പെടാത്ത അത് വേറെ ഇരിക്കുന്നത് ചലിക്കുന്നു നമുക്ക് തോന്നുന്നു ഗുണത്തിന് ക്രിയ ഇല്ലാത്തതുകൊണ്ട് ചലിക്കില്ല വും ഗുണവും വേറെ വേറെയാണ് ദ്രവ്യത്തിൽ ഗുണവും ഇരിക്കുന്നുണ്ട് ദ്രവ്യവും ഗുണമാണെങ്കിൽ ഗുണം ദ്രവ്യമാണെങ്കിൽ നോക്കെന്താ പറയാ ചലിക്കുന്നു രണ്ടും ദ്രവ്യമായോണ്ട് രണ്ടും ചെലവ് ദ്രവ്യവും ഗുണവുമാണ് ബസ്സിലൊരു ലൈറ്റ് പ്രകാശം ും ഗുണാണല്ലോ ദ്രവ്യമാണല്ലോ അതും പറയാൻ പറ്റാൻ പറ്റും അത് പറയാൻ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാ നീലനിറമുള്ള ബസ് ചലിക്കുമ്പോ നമ്മൾ പറയും നീല നിറം ചലിക്കുന്നു അതാണ് ഇവിടെ നിറം ചലിക്കുന്നു അത് ആധുനിക സയൻസിലും അങ്ങനെ പറയുന്നില്ല നീല നിറം ചലിക്കുന്നുള്ളടുക്കാറില്ല ഏഹ് നീല നിറം ചലിക്കുന്നുള്ള ഉദാഹരണം എടുക്കാറില്ല അല്ല അത് സയൻസ് ഈ പറയുന്ന കാര്യങ്ങളോട്ടൊരു ബന്ധപ്പെട്ട വലിയൊരു വിഷയമാണ് അത് വേറെ ആപേക്ഷികതെന്ന് പറയുന്ന അല്ല ഇവിടെ ഇവിടെ പറയുന്ന അതല്ല അധുനീ സയൻസില് ദ്രവ്യം ഗുണമെന്നൊരു വിഭാഗമില്ല ദ്രവ്യം ക്രിയ ഉള്ളത് ഗുണം ക്രിയ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഇതിന്റെയൊക്കെ സ്ഥാനം കൈയടക്കിയിരിക്കുന്ന എല്ലാ എലിമെന്റ്സുകൾ ഇതുമൊക്കെയാണ് ഊർജവും ഒക്കെയാണ് ഇതുമായിട്ടൊരു ബന്ധമുണ്ട് ഇത് ഒരു ഏറ്റവും പ്രാഥമികമായ ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇത് സയൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും നിക്കത്തില്ല സ്വായ സംബന്ധം സ്വായ സംബന്ധ ഏണം ദ്രവ്യത്തിൽ സ്വയായ സംബന്ധത്തി സ്വായ സംബന്ധത്തെ അതിരിക്കുന്നു പക്ഷെ ദ്രവ്യം ചലിക്കുന്നു ഗുണം ചലിക്കുന്നില്ല അതിന് കാരണം പറയുന്നെന്താണ് ഗുണത്തിൽ ക്രിയ ഇല്ല ക്രിയയില്ലാത്ത ചലിക്കില്ല അതെന്ത് സംബന്ധത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല ഗുണവും ക്രിയയും ഗുണവും ദ്രവ്യവും ക്രിയയും എല്ലാം വേറെ വേറെ പദാർത്ഥങ്ങളാണ് അത് സ്വായ സംബന്ധത്തിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവയവങ്ങൾ അവയവി സ്വായ സംബന്ധത്തിയിരിക്കുന്നു പക്ഷെ അവയവവും ചെല്ലില്ല അവയവിയും ചെയ്യും സ്വായ കാരണമാണ് ബസിന്റെ അവയവങ്ങളാണെല്ലാം ടയറും എല്ലാ അവയവങ്ങളാണ് അപ്പൊ അവയവം ചലിക്കുമ്പോ എന്ത് വരുന്നു അവയവീ ചലിക്കുന്നത് സ്വഭാവ സംബന്ധമായിട്ട് ബന്ധമല്ല എന്തുകൊണ്ട് രണ്ടും ദ്രവ്യമാണ് സംബന്ധമായിട്ട് ബന്ധമില്ല അവയവം ചലിക്കുമ്പോ അവയവം ചലിക്കുന്നത് പറയാമല്ലേ ദ്രവ്യമല്ലേ പറയുന്നതല്ല ക്രിയുള്ള പണ്യ അനുവിധാനമെന്ന് പറയുന്നതിനാൽ നിഷേധിക്കുന്ന ദ്രവ്യാധിപത് ദ്രവ്യാന്തര അനുവിധാനെ സ്വാഭാവിക ചലന ഉപത്തെ തഥാക തേജസ്വർണാദിഹി പാർത്ഥിവ ദ്രവ്യ ഉപഷ്ടംബാദ് പതിനാധി പ്രതിഭാസി അഭി സ്വാഭാവികം ചലനം ഉപരുദ്ധ സിദ്ധാന്തി കാർക്കികന്മാർക്കൊട്ടൊരു പണി കൊടുക്കുകയാണ് എന്താണ് തമസിന്റെ സ്വാഭാവികമായ ചലന എന്താ അന്യ അണുവിധാനമാണെന്ന് പറഞ്ഞു പറയുന്നു അത് ശരിയല്ല അന്യ അനുവിധാനത്തെ അംഗീകരിച്ചാലും അവിടെ സ്വാഭാവികമായ ജലനത്തെ സ്വീകരിക്കാം അതിനൊരു ഉദാഹരണം പറയുന്നു സ്വർണം അതെന്താണ് തേജസ്സാണ് സ്വർണം തേജസ് ആണ് അപ്പൊ തേജസ് ദ്രവ്യത്തിന് ചലനം ഉണ്ട് ദ്രവീയമാണ് ചലനം ഉണ്ട് എങ്ങനെയാ ചലിക്കുന്നു എങ്ങനെയാ ചലിക്കുന്നു അതെന്തുകൊണ്ട് അതെങ്ങനെ ചലിക്കും തീ ഉളുത്തി അങ്ങനെ ചലിക്കും തീ തീ കൊളുത്തി കഴിഞ്ഞു അങ്ങനെ അടുപ്പില് പാത്രത്തില് അരി വെച്ചാൽ എന്തുകൊണ്ട് അത് വേഗുന്നു തേജസ് അവിടെ പാകമായിട്ട് തേജസ് കയ്യില് വന്നതുകൊണ്ട് പാത്രത്തിലെ അരിയെല്ലാം വെച്ചാൽ അതിന്റെ മേളിൽ തീയിട്ടാൽ അത് വേഗവും എന്തുകൊണ്ട് തേജസ് ഊർജ്ജ ആ അത് സാധന ഊർദ്ധമായിട്ട് മേളോട്ട പിന്നെ അത് പ്രസരിക്കും ആദിത്യ പ്രവാശമൊക്കെ എന്ത് ചെയ്യുന്നു പ്രസരിക്കുന്നു പക്ഷെ അതിന്റെ ചലനം എന്ന് പറയുന്നത് എപ്പോഴും എന്തുകൊണ്ട് എന്ത് സ്വഭാവം ചലനം പഞ്ചവിതമാണ് അതിനു ഗുരുത്വില്ല തേജസ് ഗുരുത്വം ഇല്ല തേജസ്ന് ഗുരുത്വം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പാകം ചെയ്യാൻ പറ്റില്ല എന്തെയും അത് താഴോട്ട് വീണു പോകും കത്തിച്ചു കഴിഞ്ഞു ഗുരുത്വം ഇല്ല അത് സ്വഭാവമായിട്ടും അഗ്നിയുടെ സ്വഭാവം വേണ്ടോട്ട് പിന്നെ അതിന് പ്രസരണ സ്വഭാവം ഉള്ളത് കൊണ്ട് ആദിത്യയും മറ്റും പ്രകാശം എന്ത് ചെയ്യുന്നു എല്ലായിടത്തും നമ്മള് പറയുന്നത് പതിക്കുന്നു പറയുന്നു പതിക്കുന്നെച്ചാൽ ഗുരുത്വം കൊണ്ട് പതിക്കുകയില്ല മനസ്സത് സർവത്ര അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സുവർണം സുവർണത്തിന് നമുക്ക് മേളിൽ അത് തൈജസമാണെങ്കിലും താഴോട്ട് വീഴും അഗ്നിയുടെ അടുത്ത് അത് നടക്കത്തില്ല അവിടെ ഗുരുത്വം ഉള്ളത് കൊണ്ടാണ് പതിക്കുന്നത് അല്ലേ അപ്പൊ അവിടെ നമ്മൾ കാണുന്ന പതനക്രിയ എന്ന് പറയുന്നത് ശരിക്കും തേജസിന്റെ അല്ല തേജസ്സിനത് പറ്റത്തില്ല അത് അതിന് സംയോഗ സംബന്ധിച്ചിരിക്കുന്ന പൃഥ്വിടെ ഗുരുത്വമാണ് ഗുരുവത്തിൽ എന്തുണ്ട് ക്രിയുണ്ട് അല്ല പൃഥ്വിയിൽ ക്രിയയുണ്ട് ഗുരുത്വമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ആദ്യ പതിനസമയമായി അത് പതിക്കുന്നു അപ്പോ അവിടെ സുവർണമാകുന്ന തേജസ്സിൽ അന്യ അനുവിധാനം കാണുന്നു നമ്മൾ പറയത്തില്ല പൃഥ്വി താഴെ വീണെന്ന് പറയൂ സുവർണം താഴെ വീണമെന്നേ പറയത്തു സുവർണം തേജസ്സാണ് അപ്പൊ തേജസ്സിൽ പതനക്രി ഇല്ലെങ്കിലും പൃഥ്വിയുടെ പതനക്രിയെ ആരോപിച്ചിട്ടെന്ത് പറയുന്നു സ്വർണം സ്വർണം എന്ന് പറയുന്നു സ്വർണം എന്ന് പറയുന്ന സാധനം എന്താ തേജസ് അപ്പോ തേജസ് ഇപ്പൊ തേജസ് ചലനുണ്ടല്ലോ തേജസ്സിൽ സ്വർണത്തിൽ അന്യാനുവിധാനമുണ്ടെങ്കിലും അഗ്നിയില് ക്രിയ ഉണ്ട് മനസിലായോ തേജസ് എന്ന് പറയുന്നതാണ് രണ്ടും അത് പറയോ ഈ തേജസ് അല്ലെന്ന് തേജസ് എന്ന് പറയുന്നത് സ്വർണത്തിൽ അന്യ അനുവിധാനമുണ്ട് സമ്മതിച്ചു പക്ഷെ അഗ്നിയിൽ അതുപോലെ തമസിൽ നിങ്ങൾ പറയൂ എന്നി പറയും അന്യ അനുവിധാനം ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും തമസിൽ ക്രിയ ഉണ്ട് ക്രിയയുടെ അന്യ അനുവിധാനം ഉണ്ട് അതുകൊണ്ട് അതിന് സ്വയം ക്രിയ ഇല്ലെന്ന് പറയാൻ പറ്റില്ല തേജസ് എടുത്തു കഴിഞ്ഞാൽ ചിലടത്ത് അതിനെന്ത് വരുന്നു അന്യ അനുവിധാനം വരുന്നു പക്ഷെ അതേ തേജസ് തന്നെ അവരുടെ അടുത്ത് ഇവിടെയും ഹിന്ദി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടത്തില്ല വ്യക്തതയുണ്ട് ഞാനേക്ക് പോയാൽ ശരിയാകും എന്നാലും നിങ്ങൾ വായിക്കാത്തവരാണെങ്കിലും ഒരു മുന്നറിയിപ്പ് തന്നേക്കാം തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വ്യക്തമല്ല എന്നുള്ളതല്ല വ്യക്തമല്ലെങ്കി നമുക്ക് അവഗണിക്കാം വായിക്കും നമുക്ക് വേറെ അർത്ഥം തോന്നും വായിച്ചു നോക്കിയെന്നാ എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം ഹിന്ദി ഒരു ഹിന്ദി പണ്ഡിറ്റ് ഇവിടെ ഇരിക്കാനോ അതിൽ കാര്യൊന്നും ഇല്ല അതൊന്നും പഠിച്ചൊന്നും മറക്കത്തില്ല ശമരൂപ ഹേ സിദ്ധുക്കി സിദ്ധേ അത് അവിടെ ഇവിടെ മാത്രം മതി അതാണ് ഏസാ ശ്രീ കൂടി എവിടെ മോന സ്വാഭാവിക ചലന ജന അത്വ്യവർണി സ്വാഭാവിക ചലനോധ ന ദ്രവ്യ അനുവിധാന ദ്രവ്യാന്ത സ്വാഭാവിക ചലന പേവർ പിന്നെ സ്വാഭാവിക സുവർണില് സ്വാഭാവിക ചലനില്ലല്ലോ അതില് പൃഥ്വിയില് മാത്രമല്ല സുവർണിലില്ലല്ലോ അതിലെ പാർത്ഥിവാംശത്തിനാണല്ലോ സ്വാഭാവിക ചലൻ സുവർണ്ണിക്കുന്നു അർത്ഥാ പാർഥിവ ദ്രവിക്കെ ഖനിജ് തേജ് സുവർണ പതനീ പ്രതീതി ഉപരോധം സ്വാഭാവിക ചലനം ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടാണ് ഇത് മുഴുവൻ പറയുന്നത് സ്വാഭാവിക ചലനം നമുക്ക് അവിടെ അറിയാൻ പറ്റില്ല തേജസ് തേജസ്ലുണ്ട് പക്ഷെ അറിയില്ല എവിടെ അഗ്നിയിലാണ് അഗ്നിയിൽ സ്വാഭാവിക ചലനം ഉണ്ട് ഇവിടെ സ്വാഭാവിക ചലന ഇവിടെ അന്യക്രിയയെ ആശ്രയിച്ചുള്ള ചലനമേ ഉള്ളൂ അല്ലേ സ്വാഭാവികമായിട്ടവിടെ ചലിക്കില്ല കാരണം ഇവിടെയും സ്വാഭാവിക ചലനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചലനം ഏതാ കാണുന്ന പതനം അതാണ് അഗ്നിയുടെ സ്വാഭാവിക ചലനം എന്ന് പറയേണ്ടി അല്ലേ സ്വർണ്ണത്തിൽ നമ്മൾ കാണുന്ന പതനമാണ് അതാണ് അഗ്നിയുടെ സ്വാഭാവിക അപ്പം അവിടെ സ്വർണത്തിൽ നമ്മൾ കാണുന്നത് അന്യ അനുവിധാനം പക്ഷെ ഒരു തൈജസ്സം എന്നുള്ള നിലയ്ക്ക് സ്വർണത്തിൽ വരേണ്ട ഗ്രീ അവിടെ ഇല്ല അത് അന്യ സ്ഥലത്തെ കാണാൻ ഇതിപ്പോ അല്ല പറയാണ് അങ്ങനെയല്ല ഒരു സുവർണ്ണം എന്ന് പറയുന്ന ഒരു തേജസ്സെന്ന് പറയുന്ന ഒരു തത്വം അനുസരിച്ച് അതിൽ ക്രിയ ഉണ്ട് തേജസ്സെന്ന് പറയുന്ന ദ്രവ്യമല്ലേ ദ്രവ്യം എന്നുള്ള തത്വം അനുസരിച്ച് അതില ക്രിയാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പൊ അതിന് ക്രിയ അല്ലല്ലോ ഗമനം ഇതൊക്കെയല്ലേ ഉള്ളത് ആ ക്രിയൊന്നും സ്വർണത്തിലില്ല ഒരിക്കലും ഒരിക്കലും അതങ്ങനെ ഒരു തേജസ്സിന്റെ ഇല്ല അതിൽ രൂപമുണ്ട് തേജസ്സിൽ രൂപമുണ്ട് അല്ലാതെ അഗ്നിയിലുള്ളതുപോലെയുള്ള പ്രസാനം സംഭവിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് സ്വർണം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കൊള്ളു എല്ലാം പ്രസരിച്ചപ്പോ നഷ്ടപ്പെട്ടു റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഏഹ് ചില സ്വർണ്ണാഭരണങ്ങൾ വേറെ എന്തോ ഒരു റോഡേഷ്യൻ മറ്റു പ്രസാദം ചേർത്തിട്ട് ആൾക്കാർക്ക് കൊള്ളാൻ തുടങ്ങി റേഡിയം ഇരടിയ ഇറഡി ആ ഇറഡിയം ഇറഡിയം ഇറഡിയം അതുകൊണ്ട് വ്യക്തമല്ല അവിടെ പിന്നെ ഹിന്ദി വായിക്കുന്നവരും പിന്നെ ഹിന്ദിയും വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞ പ്രയാസം ആശയം വ്യക്തമാണ് ായിട്ട് കൺഫ്യൂസ് ആയി പോയി ഖനിജ പദാർത്ഥം ഇവിടെ പറയുന്നുണ്ട് ഖനിജന്ന് സാധാരണ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധാതുക്കളാണ് ഇരുമ്പ് ചെമ്പ് അങ്ങനെയുള്ളതിനൊക്കെയാണ് ഖനിജെന്ന് പറയുക സ്വർണത്തിന് പറയത്തില്ലേ സ്വർണത്തിനെ ഹിന്ദിയില് ആധുനിക ഭാഷയിൽ സ്വർണത്തിനെ അതിനെ പെടുത്താം പക്ഷെ അതേ തരത്തിൽ ഇദ്ദേഹം പെടുത്തി താർക്കികൻ വിചാരിക്കുന്ന തേജസ പദാർത്ഥമല്ലാതെ ആധുനിക അർത്ഥത്തില് സ്വർണ്ണം ഖനിജ പദാർത്ഥമാണെന്നുള്ള അർത്ഥത്തിൽ എടുത്തു അതാണല്ലോ ആകരജം പക്ഷെ അത് ഖനിജം കിട്ടില്ലല്ലോ ആഗരജം ഖനി എന്ന് പറയുന്ന ആഗ്രഹമാണ് ഖനീത സംസ്കൃതമാണ് ആഗരം അത് തന്നെ ആഗ്രഹം പറഞ്ഞാലും അത് തന്നെ സംസ്കൃതത്തിലാഗ്രഹം സുവർണത്തിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഹിന്ദിയിൽ എന്നിട്ടാണ് ആകരചം വരുന്നത് ആഗരത്തിൽ ജനിക്കുന്നത് ഖനിയിൽ ജനിക്കുന്നത് അതുകൊണ്ടാണ് ഭാഷയത്തിന് ആഗരം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഖനി അങ്ങനെ പറയുന്നത് പക്ഷേ സ്വാമി ഖനിജ പദാർത്ഥം സാധാരണ ഹിന്ദിയിൽ പറഞ്ഞാൽ അത് ഭാഷയിൽ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ സാധാരണ ഹിന്ദിയിൽ ഖനിജ പദാർത്ഥം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ടോ പക്ഷെ ഭൂമിയിൽ നിന്ന് ഒഴിച്ചെടുക്കുന്നെങ്കിലും അതെല്ലാം താർക്കികന്മാരുടെ അനുസരിച്ച് എല്ലാം തൈജസ്വദാർത്ഥങ്ങളാണ് സ്വർണം മാത്രമല്ല വെള്ളിയും അതുപോലുള്ള അല്ല പുഴിച്ചെടുക്കുന്ന എല്ലാം അതെന്നാണ് പറയുന്നത് അങ്ങനെ ലോഹങ്ങൾ തിളങ്ങുന്ന ലോഹങ്ങൾ അതിന് പിന്നെ അവർ പറയും അനിച്ഛുദ്ദ്യമായ ദ്രവത്വം എന്നൊക്കെ പഠിച്ചില്ലേ തർക്കത്തിൽ അതിനവര് പറയുന്നത് അഗ്നിയിൽ അതിനെ എത്ര തിളപ്പിച്ചു അത് നശിക്കുന്നില്ല അതാണ് അത് അഗ്നി കൊണ്ട് അതിനെ നശിപ്പിക്കാൻ കഴിയും തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെച്ച് സ്വർണത്തെ തിളപ്പിച്ചാലും സ്വർണത്തിനൊന്നും സംഭവിക്കും എത്ര വെള്ളം പകർത്തി പകർത്തി തിളപ്പിച്ചുണ്ട് അനുശേഷം സ്വർണം നശിക്കില്ലെന്നുള്ളതാണ് അതാണ് അവർ പറയുന്നത് എന്തുകൊണ്ട് തൈജസ്സമായത് കൊണ്ട് എന്നുവെച്ചാൽ അഗ്നിയെ അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല അഗ്നിയെ ജലം കൊണ്ട് നശിപ്പിക്കാം അഗ്നിയെ അഗ്നി കൊണ്ട് നമ്മൾ പറയും ഉഷ്ണം ഉഷ്ണേനശാന്തി എന്നൊക്കെ പറയും അത് വേറെ അല്ലാതെ നശിപ്പിക്കില്ല അതായത് സ്വർണത്തിനെ ചൂടാക്കി ലിക്വിഡാക്കി പിന്നെ ആവിയാക്കാൻ പറ്റില്ല ഒരു തരം അതിന് ഒരു മാറ്റവും വരുത്തില്ല ആവിയാകുന്നുള്ളതല്ലോ വെള്ളത്തിൽ വച്ച് തിളപ്പിച്ചാണ് അതിന് ഒന്നും സംഭവിക്കട്ടെ സ്വർണം അങ്ങനെ തന്നെ ഇരിക്കുക അതും ഒരു മില്ലിഗ്രാം പോലും കുറയത്തില്ല കുറയുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് എന്തെങ്കിലും മാലിന്യമായിരിക്കും സ്വർണത്തിന് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു വേറൊരു തരത്തില് ഇതുണ്ടല്ലോക്കിയാലും അതിന് അളവ് കുറയത്തില്ല സ്വർണത്തിന് സ്വർണത്തിൽ അളവ് ഒരുക്കാനും കുറയത്തില്ല അതുകൊണ്ട് എത്ര നൂറ് തവണ ഒരുക്കി ആഭരണം ഉണ്ടാക്കിയാലും ശുദ്ധ സ്വർണ്ണമാണെങ്കി അത് അത്ര തന്നെ ആയി ചെമ്പ് ചൊക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകും അതുകൊണ്ട് സ്വർണം അഗ്നി കൊണ്ട് നശിക്കുന്നില്ല അതുകൊണ്ട് അത് ഇതാണെന്നാണ് അതായി ഇവിടെ പറയുന്നു അല്ല എന്നാ ദ്രവ്യസ്യാവി ദ്രവ്യവും സ്വർണാധിപത് സുവർണാദികളെ പോലെ ദ്രവ്യാന്തിര അനുവിധാനും ദ്രവ്യാന്തരത്തെ അനുവിധാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ദ്രവ്യസ്യന്ന് പറയുന്നത് ഒരു ദ്രവ്യമായിട്ട് എടുക്കുകയാണ് അതിൽ അനുവിധാനത്തിനാണ് ഉദാഹരണം കൊടുക്കുന്നത് എന്ത് സ്വാഭാവിക ചലന ഉപത്തി സ്വാഭാവികമായ ചലനം അതിൽ ഉണ്ടാകുന്നു അഗ്നിയിലേക്ക് മാറ്റം അഗ്നി തേജസ് അഗ്നിന്ന് പറയുന്നില്ല തേജസ് തേജസ് ഏതായാലും സ്വാഭാവിക അത് പൊതുവായി പറയുമ്പോ എല്ലാം തേജസ് ആണല്ലോ സ്വർണത്തിൽ കാണുന്നത് അനിവിധാണ് വേറെ എവിടെയെങ്കിലും കാണുന്നു കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ആദിത്യന്റെ രശ്മി ചുന്ദ്രിയ രശ്മി എല്ലാം ചലിക്കുന്നു അഗ്നിന്ന് മാത്രീ ആഗരജാ ആഗരജമായ തേജസ്വ സ്വർണാദി പാർത്ഥി വ്രോപിഷ്ടംബാ പാർഥിവദ്രവ്യവുമായി കൂടിച്ചേരുന്നത് കൊണ്ട് പതിനാദി പ്രതിഭാസെ അഭി സുവർണാദികൾക്ക് പതിനാദിപ്രതിഭാസമുണ്ട് സ്വർണം പള്ളി അതിന പാർഥിവദ്രവ്യം എന്ന് പറയുന്നത് മറ്റേതോരുദ്രവ്യം അതിൽ ചേർന്നിരിക്കുന്നു അത് പാർത്ഥിവൃഥിവയുടെ തൃണങ്ങളായിരിക്കും അത് ചേർന്നിരിക്കുന്നു സ്വർണം മാത്രമല്ല എന്തുകൊണ്ട് അതിന് ഗുരുത്വം അനുഭവപ്പെടുന്നു തേജസ്സിന് ഗുരുത്വമല്ലോ സ്വർണത്തിന് ഗുരുത്വമുണ്ടോ ഗുരുത്വമുള്ള ഏതോ ഒരു ദ്രവ്യം അപ്പോൾ ഇരിക്കുന്ന ഏതാണ് ഗുരുത്വമുള്ളത് വെള്ളമല്ലല്ലോ പിന്നെയുള്ള ഏതാണ് അതുകൊണ്ടാണ് വെയിറ്റ് വരുന്നത് പാർത്ഥിവ്രവ്യോപിഷ്ഠമ്പ പതിനാദി പ്രതിഭാസി അഭി സുവർണാദേ സുവർണാദികളിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും സ്വാഭാവികം ചലനം ഉപരിദ്ധതേ സ്വാഭാവികമായ ചലനത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല സ്വാഭാവികമായ തേജസിന്റെ തേജസ്സിൻ്റെ സ്വാഭാവികമായ ചലനത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല നശിക്കുന്നില്ല അല്ലെങ്കിൽ ഇല്ല